കാറ്റുകളെ സന്തോഷവാർത്ത അറിയിക്കുന്നവരായി അയക്കുന്നത് അവൻറെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അവൻറെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് രുചിപ്പിക്കാനും അവൻറെ കൽപ്പനയാൽ കപ്പലുകൾ സഞ്ചരിക്കാനും അവൻറെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടാനും നിങ്ങൾ നന്ദിയുള്ളവരാകാനും വേണ്ടിയാണത്